ം ഇരുപത്തിരണ്ട് അ രാമും ഇസ്രയേലും മൂന്ന് സംവത്സരം തമ്മിൽ യുദ്ധൻ കൂടാതെ പാർത്തു മൂന്നാം ആണ്ടിലോ യഹൂദ രാജാവായ യഹോ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു ഇസ്രയേൽ രാജാവ് തന്റെ ഭൃത്യന്മാരോട് ഗലയാതലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങളറിയുന്നുവോ െ അരാം രാജാവിന്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ യഹോ ഷഫാത്തിനോട് നീ എന്നോടു കൂടെ ഗലയാതലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു അതിന് യഹോ ഷഫാത്ത് രാജാവിനോട് ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു എന്നാൽ യഹോ ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോവയുടെ എളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം നാനൂറ് പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട് ഞാൻ ഗിലയാദിലെ രാമൂത്തിലേക്ക് യുദ്ധത്തിന് പോകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു അതിനവർ പുറപ്പെടുക കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു എന്നാൽ യഹോ ഷഫാത്ത് നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു അതിന് ഇസ്രയേൽ രാജാവ് യഹോ നാം യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇമ്ളയുടെ മകനായ മിഖായാവ് എന്നൊരുതനുണ്ട് എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നതുകൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോ ഷഫാത്ത് പറഞ്ഞു അങ്ങനെ ഇസ്രയേൽ രാജാവ് ഒരു ഷണ്ണനെ വിളിച്ചു ഇമ്ളയുടെ മകനായ മീഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഇസ്രയേൽ രാജാവും യഹൂദ രാജാവായ യഹോ രാജവസ്ത്രം ധരിച്ച് ശമരിയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിൽ ഇരുന്നു പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നദ്ധയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു കെന്നയനുടെ മകനായ സിതക്കിയാവ് തനിക്കിരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി ഇവ നീ അരാമ്യരെ അവർ ഒടുങ്ങും കുത്തിക്കളയും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു പറഞ്ഞു പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു ഗിലയാദിലെ രാമൂത്തിലേക്ക് പുറപ്പെടുക നീ കൃതാർത്ഥനാകും യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു മീഖായാവെ വിളിപ്പാൻ പോയ ദൂതനവനോട് നോക്കൂ പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു നിന്റെ വാക്കും അവരിൽ ഒരുത്തന്റേതുപോലെ ഇരിക്കണം നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു അതിന് മീഖായാവ് യഹോവയാണെ യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട് മീഖായാവേ ഞങ്ങൾ ഗിലയാതിലെ രാമൂത്തിലേക്ക് യുദ്ധത്തിന് പോകയോ പോകാതിരിക്കുകയോ എന്തു എന്ന് ചോദിച്ചു അതിനവൻ പുറപ്പെടുവീൻ നിങ്ങൾ കൃതാർത്ഥരാകും യഹോവാദ് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നു പറഞ്ഞു രാജാവ് അവനോട് നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണം എന്ന് ചോദിച്ചു അതിനവൻ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രയേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ യഹോവ ഇവർക്ക് നാഥനില്ല അവർ ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രയേൽ രാജാവ് യഹോ ഷഫാത്തിനോട് ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്കാം യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു ആഹാബു ചെന്ന് ഗലയാദലെ വെച്ച് പട്ടുപോകത്ത കവണ്ണം അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തനിങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു എന്നാറെ ഒരാത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു ഞാൻ അവനെ വശീകരിക്കും എന്നു പറഞ്ഞു ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിനവൻ ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു നീ അവനെ വശീകരിക്കും നിനക്ക് സാധിക്കും നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു ആകെ യഹോവ ഭോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കെനയനയുടെ മകനായ സിതക്കിയാവ് അടുത്തു ചെന്ന് മീഖായാവിന്റെ ചെകിട്ടത്ത് അടിച്ചു നിന്നോടരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിയായി കടന്നുവന്നു എന്ന് ചോദിച്ചു അതിന് മീഖായാവ് നീ ഒളിപ്പാനായിട്ട് േടി നടക്കുന്ന ദിവസത്തിൽ നീ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രയേൽ രാജാവ് പറഞ്ഞത് മീഖായാവെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാഷിന്റെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്നവരോട് പറ അതിന് മീഖായാവു നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെ കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്നു പറഞ്ഞു സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീനെന്നും അവൻ പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവു യഹൂദ രാജാവു ആയ യെഹോ രാമോത്തിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് യഹോ ഞാൻ വേഷം മാറി പടയിൽ കടക്കും നീയോ രാജവസ്ത്രം ധരിച്ചു കൊഴുകാം എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു എന്നാൽ അരാം രാജാവ് തന്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു ആകയാൽ രഥനായകന്മാർ യഹോഷഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു എന്നാൽ യഹോഷഫാത്ത് നിലവിളിച്ചു ഞാൻ ഇസ്രയേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ വിട്ടുമാറിപ്പോന്നു എന്നാൽ ഒരുത്തൻ യദർച് വില്ലുകുലച്ച് ഇസ്രയേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് എഴുതു അവൻ തന്റെ സാരഥിയോട് നിന്റെ കൈതിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാം ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവരാമ്യർക്കെതിരെ രഥത്തിൽ നിവർന്നു നിന്നു സന്ധ്യാസമയത്ത് അവൻ മരിച്ചുപോയി മുറിവിൽ നിന്ന് രക്തം രഥത്തിനകത്ത് ഒഴുകിയിരുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്കും താന്താന്റെ ദേശത്തേക്കും പോകട്ടെ എന്ന് പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു അങ്ങനെ രാജാവ് മരിച്ചു അവനെ ശമരിയയിലേക്ക് കൊണ്ടുവന്നു അവർ രാജാവിനെ ശമരിയയിൽ അടക്കം ചെയ്തു രഥം ശമരിയയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവന്റെ രക്തം നക്കി വേശ്യാസ്ത്രീകളും അവിടെ കുളിച്ചു ആഹാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ ആന കൊമ്പുകൊണ്ട് പണിത അരമനയുടെയും അവൻ പണിത എല്ലാ പട്ടണങ്ങളുടെയും വിവരവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആഹാബ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ അഹസിയാവ് അവന് രാജാവായി ആസയുടെ മകനായ യഹോഷഫാത്ത് ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ നാലാം ആണ്ടിൽ യഹൂദയിൽ രാജാവായി യഹോഷഫാത്ത് വാഴ്ച തുടങ്ങിയപ്പോൾ അവനെ മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തഞ്ച് സംവത്സരം എരുഷലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അസൂബ എന്ന പേർ അവൾ ഷിൽഹിയുടെ മകൾ ആയിരുന്നു അവൻ തന്റെ അപ്പനായ ആസയുടെ എല്ലാ വഴിയിലും നടന്നു അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു പൂജാഗിരികൾക്ക് മാത്രം നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിക്കുകയും തൂപം കാട്ടുകയും ചെയ്തു പോന്നു യഹോ ഇസ്രായേൽ രാജാവിനോട് സഖ്യത ചെയ്തു യഹോ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ അവൻ ചെയ്ത യുദ്ധവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ തന്റെ അപ്പനായ ആശയുടെ കാലത്ത് ശേഷിച്ചിരുന്ന പുരുഷമൈഥനക്കാരെ അവൻ ദേശത്തുനിന്ന് നീക്കിക്കളഞ്ഞു ആ കാലത്ത് ഏതോമിൽ രാജാവില്ലായിക ഒരു ദേശാധിപതി രാജസ്ഥാനം വഹിച്ചു ഓഫീസിൽ പൊന്നിന് പോകേണ്ടതിന് യഹോ ഷഫാത്ത് തർശീഷ് എന്നാൽ കപ്പലുകൾ യെസ്യോൻ ഗേബറിൽ വെച്ച് ഉടഞ്ഞുപോയതുകൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല അന്നേരം ആഹാബിന്റെ മകനായ അഹസിയാവ് യഹോഷഫാത്തിനോട് എന്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്നു പറഞ്ഞു എന്നാൽ യഹോ ഷാഫാത്തിന് മനസ്സിലായിരുന്നു യഹോ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോട് കൂടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹൂദ രാജാവായ യഹോഷഫാത്തിന്റെ പതിനേഴാം ആണ്ടിൽ ശമരിയയിൽ ഇസ്രയേലിന് രാജാവായി ഇസ്രയേലിൽ രണ്ട് സംവത്സരം വാണു അവൻ തന്റെ അപ്പന്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യോരോബയാമന്റെ വഴിയിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ ബാലിനെ സേവിച്ച് നമസ്കരിച്ചു തന്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു